ഒന്നാം പുസ്തകം അധ്യായം മലനാട്ടിലെ രാമധൈമിൽ പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അവൻ എലിഹുവിന്റെ മകനായ യരോഹാമിന്റെ മകൻ ആയിരുന്നു എലിഹു യഫ്രൈമിനായ സൂഫിന്റെ മകനായ തോഹുവിന്റെ മകൻ ആയിരുന്നു എൽക്കാനയ്ക്ക് രണ്ടു ഭാര്യമാർ ഉണ്ടായിരുന്നു ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെന്നീന്ന എന്നും പെന്നീന്നു മക്കൾ ഉണ്ടായിരുന്നു ഹന്നോ മക്കൾ ഇല്ലായിരുന്നു അവൻ ഷീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനുവാനും അവന് യാഗം കഴിപ്പാനുവാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ഷീലോവിലേക്ക് പോകാത്ത ഏലിയുടെ രണ്ട് പുത്രന്മാരായി യഹോബയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഹോഫിനിയും ഫിനെഹാസും അവിടെ ഉണ്ടായിരുന്നു യൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തന്റെ ഭാര്യയായ പെന്നിന്നും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും ഹന്ന അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു അവൾ അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നിടുന്നു അവളുടെ ഭർത്താവായ എൽക്കാന അവളോട് ഹന്നെ നീ എന്തിന് കരയുന്നു എന്തിന് പട്ടിണി കിടക്കുന്നു നീ വ്യസനിക്കുന്നത് എന്ത് ഞാൻ നിനക്ക് പത്തുപുത്രന്മാരെ കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി പുരോഹിതനായ ഏലി യഹോവിയുടെ മന്ദിരത്തിന്റെ വാതുക്കൾ ആസനത്തിൽ ഇരിക്കയായിരുന്നു അവൾ മനോവ്യസനത്തോടെ യഹോവിയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു അവൾ ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ യഹോവി അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കയുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയനവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു ആകെയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി ഏലി അവളോട് നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു അതിന് ഹന്ന ഉത്തരം പറഞ്ഞത് അങ്ങനെയല്ല യജമാനനെ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല ഈ ഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്ര ചെയ്തത് അടിയനെ ഒരു നീച്ച സ്ത്രീയായി വിചാരിക്കരുത് അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത് അതിനേലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക ഇസ്രയേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല അനന്തരം അധികാലത്തെഴുന്നേറ്റ് യഹോവയുടെ സന്നദ്ധിയിൽ നമസ്കരിച്ച ശേഷം രാമയെ തങ്ങളുടെ വീട്ടിലേക്ക് പോയി എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു യഹോവ അവളെ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു ഞാനവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ് അവന് ശമുവൽ എന്ന് പേരിട്ടു പിന്നെ എൽക്കാന എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാകൂ നേർച്ചയും കഴിപ്പാൻ പോയി എന്നാൽ ഹന്ന കൂടെ പോയില്ല അവൾ ഭർത്താവിനോട് ശിശുവിന്റെ മുലകുടി മാറട്ടെ പിന്നെ അവൻ ഈ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാ എന്ന് പറഞ്ഞു അവളുടെ ഭർത്താവായ എൽക്കാന അവളോട് നിന്റെ ഇഷ്ടം പോലെയാകട്ടെ അവന്റെ മുലകുടി മാറും വരെ താമസിക്കാം യഹോവ തന്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്നു പറഞ്ഞു അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ച് മുലകുടി മാറും മകനെ മകന് മുലകൊടുത്തു അവന് മുലകുടി മാറിയ ശേഷം അവൾ മൂന്നു വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ഷീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു ബാലനും അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൾ അവനോട് പറഞ്ഞത് യജമാനനെ യജമാനനാണെ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു